So now. So now. സ്മരണയോടുകൂടി ചർച്ച ആരംഭിക്കുകയാണ് കഠോപനിഷത്ത് കഠോപനിഷത്ത് രണ്ടാം വല്ലി കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞതാണ് രണ്ടാം മല്ലിയാണ് നമ്മൾ ചർച്ച ചെയ്ത് തീർത്തത് എന്നാലും രണ്ടാം മല്ലി ഒന്നുകൂടി ഒന്ന് പ്രധാന ഭാഗങ്ങളൊന്ന് പരാമർശിച്ചുകൊണ്ട് മൂന്നാം മല്ലിയിലേക്ക് പ്രവേശിക്കാം ഒന്നാം മല്ലി പറയുന്ന ഗുരുവസതി ഗുരുപ്രാപ്തി എന്നെ അവിടെ പറയുന്നത് നജുതസ് യമദേവന്റെ സമീപത്തിൽ എത്തിച്ചേരുന്ന ഭാഗം പിതാവിന്റെ യാഗത്തിലെ ദാനത്തിൽ തോന്നിയെന്ന ജേദസ് പിതാവിനോട് തന്നെ ആർപ്പ് കൊടുക്കും എന്നും ചോദിച്ചു ദേഷ്യപ്പെട്ട് പിതാവിന്റെ കാലിന് നൽകും എന്ന് പറഞ്ഞു പിതാവിന്റെ വാക്ക് പാലിക്കുന്നു ബഹുവിനാം ഞാൻ ഉത്തമനായ ശിഷ്യൻ അല്ലെങ്കിൽ ഉത്തമനായ പുത്രൻ എന്ന സ്ഥാനത്തിന് അർഹനാണതുകൊണ്ട് പിതാവിന്റെ വാക്ക് അന്വർത്ഥമാക്കുന്നതിന് വേണ്ടി യമലോകത്തെത്തി എന്നാണ് പുനഷത്ത് പറയുന്നത് എങ്ങനെയെത്തി ജീവനോടെ എത്തിയോ മരിച്ചെത്തിയോ യോഗശക്തി കൊണ്ടെത്തിയോ ഒന്നും പറയുന്നില്ല ശ്രുതിയിൽ എന്തായാലും യമസദനത്തിൽ നൽകിയത് എത്തിച്ചേർന്നു അവിടെ മൂന്ന് രാത്രി യമദേവനെ കാത്തുനിന്നതിന് പ്രതിഫലമായി മൂന്ന് വരങ്ങളാണ് വാഗ്ദാനം ചെയ്ത് അതനുസരിച്ച് നജീസ് മുഖ്യപരമായി സ്വീകരിച്ചത് എന്ന് തുടങ്ങുന്ന മന്ത്രം പോലെ തുടങ്ങുന്ന ഭാഗമാണ് ഒന്ന് ഒന്നിന് ഇരുപതാമത്തെ മന്ത്രം മരണശേഷം എന്ത് സംഭവിക്കുന്നു അതായിരുന്നു ചോദ്യം അപ്പൊ അത് ആത്മാവിനെ സംബന്ധിക്കുന്ന ചോദ്യമാണ് മരണശേഷം എന്തെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവശേഷിക്കുന്ന എന്തോ അതിനാണ് ആത്മാവെന്ന് പറയുന്നത് ആത്മാവിനെ സംബന്ധിച്ചുള്ള ചോദ്യം ആയതുകൊണ്ട് അതിന് വ്യക്തമായി നേരിട്ട് ഒരു മറുപടി പറയാതെ ഹൻ മറ്റു പ്രലോഭനങ്ങൾ എല്ലാം നഗിയേസിന് മുമ്പിൽ വെച്ചു പക്ഷെ ഒരു പ്രലോഭനങ്ങളിലും വശപ്പെട്ടില്ല തന്റെ ചോദ്യത്തിൽ തന്നെ ഉറച്ചു ഇതാണ് ഗുരുപ്രാപ്തി എന്ന് പറയുന്ന സന്ദർഭം ആധ്യാത്മിക ശാസ്ത്രങ്ങളിലെല്ലാം ഇതിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നു സാധകന്മാരെ ആത്മീയ സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മുഖ്യമായ വിഷയമാണ് ഗുരുപസത്തി എന്ന് പറയുന്നത് ഉപനിഷത്തുകളിലെല്ലാം ചാന്തൃത്തിലായാലും പല ഭാഗങ്ങളിലും ഗുരുതാരണ്യത്തിലായാലും പല ഭാഗങ്ങളിലും ശിഷ്യന്മാര് ഇങ്ങനെ ഗുരുക്കന്മാരെ സമീപിക്കുന്നതായിട്ടും ആ സമയത്ത് ചില പരീക്ഷണങ്ങൾ ഗുരുവിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായിട്ടും തിനെ അതിജീവിക്കുന്ന ഒരു ശിഷ്യൻ വിദ്യാപ്രാപ്തിക്ക് യോഗ്യനായി തീരുന്നതായിട്ടും എല്ലാം നമുക്ക് കാണാൻ കഴിയും ഇവിടെ നൽകിയ ദിവസം വിദ്യാപ്രാപ്തിക്ക് യോഗ്യനാണെന്ന് യമദേവന് ഗുരുവിന് ബോധ്യപ്പെട്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നതാണ് രണ്ടാം മല്ലി തുടക്കത്തിൽ ഈ രണ്ടാമല്ലി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാണ് എന്നിട്ട് ആ മന്ത്രങ്ങൾ ഞാനൊന്ന് വായിക്കാം േയോന്യ ഉഭേ നഷംംസി ത ശ്രേയ ആദദാർഭവതി ീയത്തെ അർത്ഥ്യവു പ്രേയോ ശ്രേയശ്ചേയശ് മനുഷ്യേതീവിനക്തിധീര ശ്രേയധീരോഭി പ്രേയസോ വണ്ണീ േയോ മന്ദോ യോഗേമാണീത്തെ സി പ്രിശ്ച കാമാൻ അഭിചിതോത്യസ്രാക്ഷേ നൈതാ ശ്രൃംഗാ അവാ एते ജ്ജന്ഹോ മനുഷ്യ ദൂരം എപരീത വിശോചി അവിദ്യാച വിദ്യേതി ജാത വിദ്യഭിം नत्वा कामा ന്മാവോ ലോലുപന്ത ർത്തമാന സ്വയം ധീരാ പണ്ഡിതം മഞ്ഞ്രമ്യമാ പരിയമൂ അന്ധനീയ നാംബരാതിഫതി ബാലം വിമോഹേന മൂടം അയം നോകോ നരീ പുനർവശമാപത്യെ ശ്രവണി ബഹുഭൃോന ലഭ്യ ശൃന്തോ ഇയം നു वक्ता न ആശ്ചര്യോ വക്ശലോസ്യബ്ചര്യോ ജാതകുശലിഷ്ടേവരെണ പ്രോക്ത സവിജ്ഞേയോ ബഹുഥ ചിന്യമാന അനന്യ പ്രോക്തരസ്തി അണീയഞ്ച്യത പ്രമാത് നൈഷ തർക്കേയാ പ്രോക്ത അനുവദ പ്രേക്ഷ മാപഹസൃതിർതാസിദ്രോ ഭൂയാന്നേതൃ ഹം സേവധരിനിവൈ പ്രാ ഹി ധ്രുവം തോ മയാ നചികേതസ്ഥിതോഭി അനിത്യേരുദ്രുവീ പ്രാതീ കാമസ ആപ്തി महदुरुगायं കോരനന്ഭയസ്പാരം दृष्ट्वा धृत्या धीरो ദൃഷ്ട്വാൃതധീരോ നചിഗേതോത്യസ്രാക്ഷീ ദുർദർശം ഗൂഢമനുപ്രവിഷ്ടുഹാഹിതം ഗവരെ അധ്യാത്മയോധിഗമീന ദീരോ ഹർഷശോകോ ജതി ഏതശ്രുവാ പരിഗൃഹ്യമർ അണുഏേദമാപ്യോദത്തെ മോദനീയം ഹി ലബ്വാതം സത് നചിതസം അധർമാധർമാസ്മാകൃത് അയത്രൂത്ത പശ്യസി തേ വേദമാമനന്തി തംസി സർവാരിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്ത യോയക്ഷ േദ ബ്രഹ്മലോകെ മഹീയത്തെ മ്രിദേവാ വിയം കുട്ട്ചിന്നഭൂവ കി അജോ നിത്ശ്യുരാണോന്മന്യ ഉീതോയ ഹന്തിന് ആത്മാജന്തോർ ഗുഹ്രു പശ്യശോകോധു പ്രസമാനോ ദൂരം വ്രജതി ശയാ മദന്യോ ജാതുഹത്തി അശരീരം ശരീര അനവസ്ഥിഷവസ്ഥീരോ നോചതി നയമാത്മാ പ്രവചന ലഭ്യോ നേധയാ നൃതേശം വൃമു തന്നയ്യശേഷരതോ ദുഃരിതാ നയിതാസോ भवद ൈനൈനമാത്രം ചുഭേത ഓദന മൃത്യസോകേചനം കിഥാവേദയസഹ്യായ ദ്വീയവം നമ്മള് പാരായണം ചെയ്തത് മന്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം പാരായണമാണ് മുഖ്യമായിട്ടുള്ളത് അർത്ഥചിന്തനൻ രണ്ടാമതായി വരുന്നത് ഇവിടെ തന്നെ പറയും നമ്മളിപ്പോ വായിച്ചു കഴിഞ്ഞ മന്ത്രമാണ് ഒന്നാം അദ്ദേഹത്തിൽ രണ്ടാം പല്ലിയില് ഇരുപത്തിമൂന്നാമത്തെ അവിടെ പറയുന്നുണ്ട് അതായത് മന്ത്രങ്ങൾ അതിന്റെ അർത്ഥത്തെ സ്വയം വെളിപ്പെടുത്തുമ്പോഴേ ഒരാൾക്ക് ഗ്രഹിക്കാൻ പറ്റും എന്നാണ് ആത്മാവിനെ കുറിച്ച് പറയുന്നത് പറയുന്നു സനാതന വിശ്വാസം അനുസരിച്ച് ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഈശ്വരന്റെ നിശ്വാസമാണ് ഈശ്വരന്റെ നിശ്വാസമായിട്ടാണ് വേദങ്ങൾ പ്രകടമായത് വേദങ്ങൾ ഈശ്വര സൃഷ്ടമാണ് ജഗത്ത് പ്രപഞ്ചം ഈശ്വര സൃഷ്ടമാണെങ്കിൽ തീർച്ചയായും വേദം ഈശ്വര സൃഷ്ടം തന്നെ ഈശ്വര സൃഷ്ടമായിരിക്കുന്ന വേദം അത് മറ്റു സൃഷ്ടികളിൽ നിന്നുള്ള വിലക്ഷണ പ്രത്യേകത എന്താണ് അതിനത് ഈശ്വരന്റെ നിശ്വാസം എന്നുള്ളതാണ് എനിക്ക് പുറപ്പെട്ടു വന്നതാണ് പക്ഷേ നിശ്വാസമേത് എന്ന ശ്രുതി വേദത്തിൽ തന്നെ പറയും അപ്പൊ അതിനൊരു പ്രത്യേകതയുണ്ട് ഈശ്വരന്റെ നിശ്വാസമായി വന്നതുകൊണ്ട് അതിന് ഈശ്വരീയത തിന്റെ ഈശ്വരന്റെ തത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഈശ്വരൻ തന്നെ സൃഷ്ടിച്ചതാണ് ഈശ്വരന്റെ തത്വത്തെ ഈശ്വരൻ തന്നെ സ്വയം മനസ്സിലാക്കാൻ കഴിയുള്ളു ഒരാൾക്ക് ബുദ്ധിശക്തി ഉണ്ട് ഒന്നും അതിനെ വെളിപ്പെടുത്താൻ പ്രവചന പ്രവചനം കൊണ്ട് ഇത് നേടാൻ പറ്റത്തില്ല നായമാത്മാ പ്രവചന വളരെയധികം ശ്രവണം ചെയ്തുകൊണ്ട് ഗ്രന്ഥ പരിചയം കൊണ്ടൊന്നും ഈ ആത്മാവ് ലഭിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു എന്താണ് സ്വാമി സ്വസ്വരൂപത്തെ ഈശ്വരൻ വെളിപ്പെടുത്തുമ്പോഴേ ഒരു സാധകൻ ഇതിനുള്ളൂ സനാതന സമ്പ്രദായം അനുസരിച്ച് ഈശ്വരൻ ഇതിനെ വെളിപ്പെടുത്തുന്നത് ഈ മന്ത്രങ്ങളിലൂടെയെന്നാണ് പ്രത്യേകിച്ചും അദ്വൈതികളുടെ അഭിപ്രായം അനുസരിച്ച് മന്ത്രങ്ങളിലൂടെ മാത്രമേ വെളിപ്പെടുന്നതാണ് ബാക്കി കാര്യങ്ങൾ കുറച്ച് കാർക്കശ്യമുള്ളവരാണ് മന്ത്രങ്ങളിലൂടെ അല്ലാതെ ഗുരു ഉപദേശിച്ചാൽ പോലും മന്ത്രത്തിലൂടെ ഉപദേശിച്ചാലേ ശ്രുതി മന്ത്രങ്ങളിലൂടെ ഉപദേശിച്ചാലേ ആത്മാവ് വെളിപ്പെടുത്തുള്ളൂ എന്ന് വാശിയുള്ളവരാണ് ശ്രീശങ്കരന്റെ പക്ഷകാരൻ ആ മന്ത്രത്തിന് അത്രയും ശക്തിയുണ്ട് അചയസ്വാമികളെ മന്ത്രങ്ങളെ കുറിച്ച് പറയുമ്പോ പറയുന്നതെല്ലാം എന്താണ് ശ്രുതി മാതാ ശ്രുതി ശരണോസ്മി ഞാൻ ശ്രുതി ശരണനാണ് ത്യന്തികമായി ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് പറയേണ്ട സ്ഥാനത്ത് ആചാര്യസ്വാമികൾ പറയുന്നെന്താണ് ഞാൻ ശ്രുതിയെ ശരണം പ്രാപിക്കുന്നു വേദത്തെ ശരണം പ്രാപിക്കുന്നു ശ്രുതിക്ക് അത്രയും വലിയ പ്രാധാന്യങ്ങൾ എന്തുകൊണ്ട് ഈശ്വര തത്വത്തെ വെളിപ്പെടുത്തുന്നതിന് ഈശ്വരൻ തന്നെ നിശ്വാസ രൂപത്തിൽ വെളിപ്പെടുത്തിയതാണ് ഈ മന്ത്രങ്ങൾ ീശ്വരൻ ഒരാൾക്ക് സ്വയം വെളിപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ മന്ത്രങ്ങൾ തത്വത്തെ വെളിപ്പെടുത്തുന്നത് സ്വയമാണ് ഒരു ജീവന്റെ കഴിവുകൊണ്ട് മേധ കൊണ്ടോ ശ്രവണ പാണ്ഡിത്യം കൊണ്ടോ ഒന്നും ഇത് വെളിപ്പെടുത്ത വെളിപ്പെടില്ല എന്നാണ് സ്വയം തന്നെ അങ്ങനെ വെളിപ്പെടുന്നതിനുള്ള ഉപായമായിട്ട് ശാസ്ത്രങ്ങൾ നിർദ്ദേശിക്കുന്നത് സ്വാധ്യായം പാരായണം ഇതിന്റെ പാരായണം ഇതാണ് മുഖ്യമായിട്ടുള്ളത് ശ്രദ്ധയോടുകൂടി ഇവിടെ നജികേദസ് പ്രകടിപ്പിച്ച ശ്രദ്ധ നജികേദസിന്റെ ശ്രദ്ധ അപ്പൊ അതുപോലെയുള്ള ശ്രദ്ധയോടുകൂടി നിരന്തരം പാരായണം ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് തത്വബോധം എന്നാണ് വിശ്വാസം ഈ അദ്വൈത പരമ്പരയിലും മറ്റും വിശ്വസിക്കുന്ന അങ്ങനെയാണ് അത് മതി ശ്രദ്ധയോടുകൂടി പാരായണം മാത്രം മതി എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതില് പാരായണം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ പാരായണം ചെയ്യുമ്പോ ചെറിയെങ്കിലും മനസ്സിൽ തോന്നുമ്പോൾ കുറച്ച് സമയം അങ്ങനെ കിടന്നു പോകുന്നുണ്ടാവും നഷ്ടം അത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കൂടാതെ കൂടി മനസ്സിന് ആ ശബ്ദത്തിന് നിർത്തി മനസ്സിന് ശബ്ദത്തിന് നിർത്തി എന്ന് പറയാൻ കാരണം മനസ്സിന് അർത്ഥത്തിന് നിർത്താൻ ഒക്കത്തില്ല കാരണം അർത്ഥം അറിയത്തില്ലല്ലോ മനസ്സിലാക്കിയിട്ട് പാരായണം ചെയ്യാൻ പറ്റത്തില്ല പാരായണത്തിലൂടെയാണ് അർത്ഥം വെളിപ്പെടേണ്ടത് അപ്പൊ പാരായണം ചെയ്യുന്ന ആളിന് മനസ്സ് നിർത്താൻ പറ്റി ശബ്ദത്തിലാണ് ശബ്ദ ബ്രഹ്മത്തിൽ ശബ്ദത്തിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ട് ആ സമയത്ത് മറ്റൊന്നും ചിന്തിക്കാതെ അങ്ങനെ ഒരേ രീതിയിൽ ഒരേ സ്വരത്തിൽ ആ ശബ്ദത്തിൽ തന്നെ മനസ്സിനെ നിർത്തി പാരായണം ചെയ്യാമെന്നുണ്ടെങ്കിൽ ക്രമേണ ഇതിന്റെ അർത്ഥം ും തനി തന്നെ വെളിപ്പെടും പ്രത്യേകിച്ച് നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരത്തിൽ വെളിപ്പെടുത്തും മന്ത്രം തന്നെ അർത്ഥത്തെ വെളിപ്പെടുത്തും അതാണ് മന്ത്രത്തിന്റെ പ്രത്യേകത അത് പൊതുവെ പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് മന്ത്രത്തിന്റെ അർത്ഥത്തിന്റെ ആവശ്യമില്ലെന്നല്ല അതതിനെ സഹായിക്കും പക്ഷെ മുഖ്യമായി മന്ത്രം ആണ് അർത്ഥത്തെ വെളിപ്പെടുത്തുന്നത് അങ്ങനെ അർത്ഥത്തെ മനനം സഹായിക്കും മന്ത്രാർത്ഥ ചിന്തനം അതിന് സഹായിക്കും എന്നുള്ളതേ ഇവിടെ ആദ്യത്തെ ഒന്നാമത്തെ വലിയിൽ നജികേസിന്റെ യോഗ്യതയെ പരീക്ഷിക്കുന്നാണ് ശ്രദ്ധ അതിന് യമദേവൻ പരീക്ഷിച്ചാണ് യമദേവനെ ബോധ്യപ്പെട്ട് നജികേസ് ഉത്തമനായ ആത്മവിദ്യ ഉത്തമനായ അധികാരിയാണെന്ന് ബോധ്യപ്പെട്ട് ഒരു പ്രലോഭനങ്ങൾക്കും വഴിപ്പെട്ടില്ല അതൊന്ന് പിന്നെ മറ്റൊന്ന് ഗുരുപ്രാപ്തി അന്ന് കാണിക്കുന്നു ഗുരുപ്രാപ്തിയിലൂടെ അല്ലാതെ ഒരിക്കലും ലഭ്യമാകത്തില്ല ശാസ്ത്രത്തിൽ പറയും ഗുരുപ്രാപ്തി എന്ന് പറയുന്നു അത് ജന്മാന്തരങ്ങളിലെങ്കിലും ഒരാൾക്ക് ഉണ്ടായിരിക്കണം ഉണ്ടായാൽ മാത്രമേ വർത്തമാന ജന്മത്തിൽ ഈശ്വരബോധം ഉണ്ടാകത്തുള്ളൂ അത് ഇവിടെ കാണിക്കുന്നു യമദേവൻ ഇവിടെ പറയുന്ന എന്താണ് അവരേണ പ്രത്യേക മനുഷ്യൻ മനുഷ്യനൊന്നും ഇത് ഉപദേശിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല ദേവന്മാരെ എന്നെ ഉപദേശിക്കുന്നു എന്നിവിടെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഉത്തമനായ ഒരു ഗുരു ഉപദേശിക്കണം ഉപദേശിച്ചാല് അതിന്റെ മുഖ്യമായ ഫലപ്രാപ്തി മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത് അതിനത് ഉപകരിക്കു സഹായിക്കത്തുള്ളൂ അതെല്ലാം ഇവിടെ ഒന്നാമത്തെ വല്ലയില് അതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് രണ്ടാമത്തെ വല്ലിയിലേക്ക് കിടക്കുമ്പോ പൊതുവെ ജീവന്മാരെല്ലാം അർത്ഥകാമങ്ങളിൽ കുടുങ്ങിക്കിടക്കയാണ് അപ്പോ മനുഷ്യർ അതായത് ജീവന്മാരെല്ലാം ശ്രേയ പ്രേയസും പ്രേസം മുക്തിയിലേക്കുള്ള മാർഗവും പ്രേയസിലേക്കുള്ള മാർഗവും ഈ രണ്ടു മാർഗങ്ങളിൽ മനുഷ്യന് രണ്ടിലൊന്ന് തിരഞ്ഞെടുക്കാം അതാണ് ഇവിടെ ആദ്യം ദൈവം പറയുന്നത് വിവനക്തി ധീര വിവേകിയായിട്ടുള്ള മനുഷ്യൻ ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യൻ ശ്രേയസിനെയും പ്രേയസിനിയും കണ്ടുകഴിഞ്ഞാൽ അതിൽ നിന്ന് ശ്രേയസന് തിരഞ്ഞെടുക്കുന്നു അതാണ് ആദ്യം പറയുന്നത് നജിയസ് വിവേകിയാണ് അതുകൊണ്ട് ശ്രേയസിനെ ഭൗതികമായിട്ടുള്ള സ്വർഗപ്രാപ്തി വരെയുള്ള എല്ലാ നേട്ടങ്ങളും അതെല്ലാം ഉപേക്ഷിച്ചിട്ട് മോക്ഷപ്രാപ്തിയെ ലക്ഷ്യമായിട്ടെടുക്കുന്നത് അതാണ് ഇവിടെ ശ്രേയസ് അത് നജിയേസിന് ശ്രേയസ്സാണ് വേണ്ടതെന്ന് യമദേവന് ബോധ്യപ്പെട്ട് അതാണ് നമ്മുടെ മൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് സത്വം പ്രിയാൻ പ്രിയരൂപം കാമാൻ നീ എല്ലാ കാമങ്ങളെയും പ്രിയങ്ങളും പ്രിയരൂപങ്ങളായിട്ടുള്ള എല്ലാത്തിനേയും ചിന്തിച്ച് വേണ്ട എന്ന് കരുതി ഉപേക്ഷിച്ചു അതാണ് നജീകേസിന്റെ ഏറ്റവും വലിയ യോഗ്യതയായിട്ട് യമദേവൻ കാണുന്നത് എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്കുണ്ടാകുന്ന ഭൗതികമായ പ്രലോഭനം അതിനൂടെ യമദേവൻ നജികേസിന്റെ മുമ്പിൽ പ്രദർശിപ്പിച്ചത് ആ ഭൗതികമായ പ്രലോഭനങ്ങളെല്ലാം നജികേസ് അതിജീവിച്ച് വന്നിട്ട് പറഞ്ഞു അടുത്ത മന്ത്രത്തിൽ വിദ്യാഭ്യനം നജികേദസം വലിയ ീ വിദ്യയെ ആഗ്രഹിക്കുന്നവനാണ് ജ്ഞാനസമ്പാദനത്തിന് യോഗ്യനാണെന്ന് ഞാൻ കരുതുന്നുചലിപ്പിക്കുന്നതാണ് ഈ കാമങ്ങൾക്കൊന്നും തന്നെ കഴിഞ്ഞില്ല ഇവരുടെ പ്രലോഭനങ്ങൾക്കും കഴിഞ്ഞില്ല എന്നാണ് സാധാരണ ഈ വിദ്യാമാർഗത്തിൽ സഞ്ചരിക്കുന്നവർ പോലും ാണ് അന്ധേ നെയ്വ നിയമാന യഥാത അന്ധന്മാരെ നയിക്കുന്നത് പോലെ നയിക്കപ്പെടുകയാണ് പക്ഷെ നിന്നെ സംബന്ധിച്ച് അങ്ങനെ അല്ല നീ ശരിയായ ഒരു ഗുരുവിനെ സമീപിച്ചു കഴിഞ്ഞു അപ്പൊ വിദ്യ പ്രാപ്തിക്ക് യോഗ്യനാണ് എന്ന് പറയുന്ന കൂടുതൽ വിശ്വാസം ശ്രദ്ധ അതാണ് ഈ സർ വളർത്തുകയാണ് നടക്കുന്നത് എന്നിട്ട് ആത്മതത്വത്തെക്കുറിച്ച് അടുത്ത് പറയുകയാണ് ഈ ആത്മതത്വം ശ്രവണായാഹിമു പറയുവാന ലഭ്യം ഇത് കേൾക്കുന്നതിന് പോലും പലർക്കും കിട്ടാറില്ല അനന്തം ജീവന്മാരെത്രണ്ട് അങ്ങനെ പറയുന്ന അനന്ത അസംഖ്യല്ല ജീവന്മാർ കോടിയെന്നോ ലക്ഷമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല ജീവന്മാർ അസംഖ്യയുമാണ് അനന്തമാണ് ഈ അനന്ത ജീവന്മാർക്ക് കേൾക്കാൻ കൂടി കിട്ടുന്നില്ല കേട്ടാൽ തന്നെ ഇത് മനസ്സിലാകുന്നത് വളരെ കുറച്ചുപേർക്ക് മനസ്സിലായാൽ തന്നെ അത് അനുഷ്ഠിക്കുന്നത് അതിനും വളരെ കുറച്ചുപേർക്കാണ് കഴിയുന്നതിനും അനുഷ്ഠിച്ചാൽ തന്നെ ഫലപ്രാപ്തിയിലെത്തുന്നത് അതിനും വളരെ കുറഞ്ഞ ആൾക്കാർക്കാണ് അത് അത്യന്തം ദുർലഭമാണിത് ഈ ആത്മവിദ്യ ആത്മതത്വത്തെ കുറിച്ച് അത്യന്തം ദുർലഭമാണ് അതിന് അധികാരികൾ വിരളം അതുപോലെ തന്നെ ഉപദേഷ്ടാവും ഉപദേശിക്കേണ്ട ആളും വിരളമാണ് അതാണ് അടുത്തു പറയുന്നത് ഇത് വ്യക്തമായി ധരിക്കണമെങ്കിൽ സാധാരണ മനുഷ്യരൊന്ന് ഉപദേശിച്ചാൽ പോരാ പറഞ്ഞില്ലേ മന്ത്രം തന്നെ സ്വയം വെളിപ്പെടുത്തേണ്ട ഉത്തമനായ ഗുരു ഉപദേശിക്കണം അതും ബഹുദാ ചിന്തിയമാനഹ മനനം ചെയ്യണം മനനം ചെയ്തതിനെ സ്വാംശീകരിക്കണം കേട്ടതുകൊണ്ട് മാത്രമായില്ലോക്തി ഇത് അന്തർമുഖമായി ഇതിനെ ഗ്രഹിക്കണം ആത്മനിഷ്ഠമായി അതും പ്രയാസമാണ് മനസ്സ് വിഷയോന്മുഖമാണ് ഏത് വിഷയം മനസ്സിലേക്ക് കടന്നു നിന്നാലും അതിന് വിഷയരൂപത്തിലെ മനസ്സിന് ഗ്രഹിക്കാൻ പറ്റും ആത്മാവ് ഒരിക്കലും വിഷയമല്ല ആത്മാവിനെ ആത്മനിഷ്ഠമായി തന്നെ അന്തർമുഖമായി തന്നെ ആത്മതത്വത്തെ ഗ്രഹിക്കേണ്ടതാണ് പക്ഷെ അതിനെയും മനസ്സ് വിഷയമാക്കണം അതിനെയും ബഹുർമുഖമായി ഗ്രഹിക്കാൻ ശ്രമിക്കും മനനത്തിൽ തത്വഗ്രഹണത്തിൽ വരുന്ന ഒരു തടസ്സം അതാണ് ബാഹ്യമായ ഒരു വസ്തുവാണ് ആത്മാവെന്ന് തോന്നിപ്പോ രീതിയിൽ ആത്മാവിനെ ബഹുർമുഖമാക്കി ചിന്തിക്കും അതിവിടെ പറയുന്നു അനന്യപ്രവൃത്തെ ഗതിരത്വ നാസ്തി അന്തർമുഖമായിട്ട് തന്റെ സ്വരൂപമാണെന്ന് ധരിക്കാൻ കഴിയാതെ ചിന്തിക്കുന്നവന്റെ സ്വരൂപമാണ് ശ്രോതാവിന്റെ സ്വരൂപമാണ് ധ്യാതാവിന്റെ സ്വരൂപമാണ് താൻ തന്നെയെന്ന് ഗ്രഹിക്കാൻ കഴിയാതെ ഉപദേശിക്കുന്ന കാരണം നമ്മൾ ശ്രവിക്കുന്നത് മനനം ചെയ്യുന്നത് എല്ലാം ബാഹ്യമായ വസ്തുക്കളെ അന്യമായ വസ്തുക്കളെ അനന്യമായ ഒരു വസ്തുവിനെ ഇതുവരെ കേട്ടിട്ടില്ല മനനം ചെയ്തിട്ടില്ല അപ്പൊ ആത്മതത്വവും ബഹിർമുഖമായി മനസ്സ് ഗ്രഹിച്ചു കളയും അങ്ങനെയത് ഗ്രഹിക്കും അതാണ് ഒരു ദോഷം അങ്ങനെയത് ഗ്രഹിക്കാൻ കഴിയത്തില്ല അന്തർമുഖമായി തന്നെ ഗ്രഹിക്കണം തർക്കമതിരാക്കം കൊണ്ട് ഈ മതി തർക്കമതികളുടെ തർക്കം കൊണ്ട് നേടുന്ന അറിവുണ്ട് ഇതങ്ങനെയുള്ള അറിവല്ല ഇത് തർക്കം കൊണ്ട് നേരുന്ന അറിവല്ല അനന്യമായി അറിവ് സ്വരൂപനിഷ്ഠമായ അറിവാണ് അതിങ്ങനെ തർക്കം കൊണ്ട് നേടാൻ പറ്റും തർക്കത്തെ നിരസിക്കുന്നിടത്താണ് അതിനെല്ലാം നിഷേധിക്കുന്നിടത്താണ് ഈ അറിവ് പ്രകാശിക്കുന്നത് അതാണ് ഇവിടെ ഹേമദേവൻ പറയുന്നു ഇത്രയും മായി ഈ അറിവ് സമ്പാദിച്ചിട്ട് എന്താണ് പ്രയോജനം അതാണ് പതിനൊന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് കാമസ്യ ആപ്തി അവന്റെ സർവ ആനന്ദങ്ങളുടെയും പരിസമാപ്തിലാണ് പിന്നീട് ആ ജിജ്ഞാസുവിന്റെ എല്ലാ ജിജ്ഞാസകളും ശമിക്കുന്നു എല്ലാ അന്വേഷണങ്ങളും അവസാനിക്കുന്നു ആപ്തകാമനായി തീരുന്നു അതാണ് ഇതിന്റെ പ്രയോജനം ജന്മജന്മാന്തരങ്ങളായി ഒരു ജീവൻ അന്വേഷിക്കുന്ന ഈ അന്വേഷണം അതവിടെ അവസാനിക്കുന്നു ജന്മജന്മാന്തരങ്ങൾ അനാദി അനാദിയായി ജീവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സ്വസ്വരൂപത്തെയാണ് സർവകർമ്മങ്ങളിലൂടെ ജീവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വസ്വരൂപത്തെയാണ് മനനത്തിലൂടെ വാക്കിലൂടെ പ്രവൃത്തികളിലൂടെ എല്ലാം അന്വേഷിക്കുന്നത് ഭൗതികമായാലും ശരി ആത്മീയമായാലും ശരി അതെല്ലാം അന്വേഷിക്കേണ്ട സ്വസ്വരൂപത്തെയാണ് അതിന്റെ ആപ്തി പ്രാപ്തി അല്ലെങ്കിൽ പരിസമാപ്തി അതാണ് ഇതിന്റെ ഫലം പിന്നീട് അവനൊന്നും അന്വേഷിക്കാനും നേടാനും ഇല്ലാതായിത്തീരുന്നു അജീവന് ഈ അന്വേഷണങ്ങളിൽ നിന്നും ജിജ്ഞാസയിൽ നിന്നുമെല്ലാം നിത്യവിശ്രാന്തി അത് കിട്ടുന്നു ഈ നിത്യവിശ്രാന്തി ദൃഢമായച്ഛച്ഛ അതാണ് മജികേശന് ബജിക്കുന്ന പ്രേരിപ്പിച്ചത് എന്നാണ് മന്ത്രത്തിൽ യമൻ പറയുന്നു അതിന് ഇവിടെ പറയുന്നു അധ്യാത്മയോഗ പന്ത്രണ്ടാമത്തെ മന്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണത് അധ്യാത്മയോഗ പ്രാപ്തിയിലൂടെ മനസ്സിനെ ആത്മനിഷ്ഠമാക്കി നിർത്തുന്നതിനുള്ള കഴിവ് ആ കഴിവ് ആർജിക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ ഉപായങ്ങളും ഇതാണ് അധ്യാത്മ എന്ന് പറയുന്നത് മനസ്സ് അനാദിയായിട്ടുള്ള ജന്മങ്ങളുടെ വാസന മനുഷ്യന് എത്ര ജന്മങ്ങൾ പിന്നിട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അനാദി എന്നാണ് പോലും ആ ജീവന്റെ സൃഷ്ടി എന്നാണ് പറയുന്നത് അപ്പോ അനാദിയാണ് ജന്മങ്ങൾ പിന്നിട്ടിരിക്കുന്നത് ഈ ഓരോ ജന്മങ്ങളിലും സമ്പാദിക്കുന്ന വാസനകൾ ആണ് മനസ്സിനെ നയിക്കുന്നത് നിയന്ത്രിക്കുന്നത് ആ മനസ്സിനെ ഈ വാസനകൾ സദാസമയം ബഹുർമുഖമാക്കിക്കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള മനസ്സിനെ ആത്മോന്മുഖമാക്കുന്നതാണ് അധ്യാത്മ യോഗം എന്ന് പറയുന്നത് ഇതൊരുവനെ നേടാൻ കഴിയണം വേറൊരു രീതി പറഞ്ഞാൽ മനസ്സ് ഈശ്വരാഭിമുഖമാകണം അങ്ങനെ മനസ്സിനെ ഈശ്വരാഭിമുഖമാക്കി പിന്നെ അതിൽ നിഷ്ഠയുണ്ടാവണം മനസ് ഈശ്വരാഭിമുഖമാകും പലതരത്തിലും ആർത്ഥനും ജിജ്ഞാസനും അർത്ഥാർത്ഥയ്ക്കും എല്ലാം മനസ്സീശ്വരാഭിമുഖമാകും പക്ഷെ നിഷ്ഠയുണ്ടാകത്തില്ല അതിൽ തന്നെ മനസ്സ് ഉറച്ചു നീക്കത്തില്ല അത് ഏത് സാഹചര്യത്തിലായാലും മനസ്സ് വഴിതെത്തിക്കും ആശ്രമത്തിലായാലും ഗുരു സന്നിധിയിലായാലും ഈശ്വര ആരാധനയിൽ പോലും മനസ്സ് വഴിമാറിപ്പോ അങ്ങനെയുള്ള മനസ്സിന്റെ നിഷ്ഠ അതാണ് ഈ അധ്യാത്മ യോഗത്തിന്റെ പരമമായ കാഷ്ട ഉയർന്ന സ്ഥാനം പദവി അതാണ് ദേവം മത്വ അവിടെ ദൈവം പറയുന്നു അങ്ങനെ അധ്യാത്മ യോഗപ്രാപ്തി ഉണ്ട് അതിനുള്ള നിഷ്ഠ മനസ് അത് തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് അതെങ്ങനെ ഉറച്ചു നിൽക്കുന്ന കാരണം മനുഷ്യന് പ്രവർത്തിക്കേണ്ടത് ചിന്തിക്കേണ്ടത് പറയേണ്ടത് എല്ലാം ബഹിർമുഖമായിട്ടാണ് ഇവിടെ തന്നെ പറയും പരാഞ്ചി ഖാനി വ്യത സ്വയംഭൂ സ്വയംഭൂവായ പരമാത്മാവ് ഖാനി ഇന്ദ്രിയങ്ങളെ പരാഞ്ചി ബഹിർമുഖങ്ങളായി സൃഷ്ടിച്ചു ഒന്നാണ് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും സംസാരിച്ചാലും എല്ലാം മനസ്സ് ബഹർമുഖമായി പോകും അങ്ങനെ ആണ് അതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭഗവാൻ തന്നെ അങ്ങനെയുള്ള മനസ്സിനെ അധ്യാത്മ യോഗത്തിൽ നിഷ്ഠയുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം നേടാൻ കഴിയുന്നുള്ള ഒരു കാര്യമാണ് അങ്ങനെ ദൈവം മൊത്ത ഈശ്വരനെ സാക്ഷാത്കരിച്ചിട്ട് ധീരഹ വിവേകിയായ മനുഷ്യൻ ഹർഷശോ ജഹാദി ഹർഷോങ്ങളെല്ലാംിക്കുന്നു പൂർണ്ണമായ ത്യാഗം അവിടെയുള്ളൂ ആന്തരികമായ ത്യാഗം അതാണ് ഹർഷശോകങ്ങളെ ഉള്ളിൽ നിന്നും ഇല്ലാതാക്കുക ജഹാദി ത്യാഗാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ക്രിയയാണ് ജഹാദി ത്യജിക്കുന്നു നമ്മൾ ബാഹ്യമായി ചെയ്യുന്ന ത്യാഗങ്ങൾ അതിന് മഹത്വം ഉണ്ടെങ്കിലും അത് തുച്ഛമാണ് ബാഹ്യമായി തന്നെ അത് നിൽക്കുന്നു ഉള്ളിൽ നിന്നും ത്യാഗം പറഞ്ഞ ഉള്ളിൽ തിരിക്കേണ്ട എന്തിനാണ് ഈ ഹർഷശോകൾ അത് അധ്യാത്മ യോഗനിഷ്ഠ ഉണ്ടേ പറ്റും അത് ജീവൻ പദം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സ്ഥാനമാണ് അതിന് നീ യോഗ്യനായി കഴിഞ്ഞു എന്നാണ് അടുത്ത് പതിമൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ശരിക്കും നിന്നെ ആ ഒരു സ്ഥാനത്തിലേക്ക് യോഗ്യനായി ഞാൻ കരുതുന്നു എന്നാണ് നിന്നെ അധികാരിയായി കരുതുന്നു എന്നാണ് ഇത്രയും പറഞ്ഞതിനു ശേഷം പതിനാലാമത്തെ മന്ത്രം പോലെ ഈ രണ്ടാം വല്ലിന്റെ നിയമദേവൻ ആത്മതത്വത്തെ കുറിച്ച് പറയുകയാണ് അന്യത്ര അതായത് ആത്മാവിനെ നേരിട്ട് ഉപദേശിക്കാൻ കഴിയില്ല അറിയാൻ കഴിയില്ല ശാസ്ത്രത്തിന് അതിന് കഴിയില്ല ഗുരുവിനതിന് കഴിയുന്നില്ല മന്ത്രത്തിന് കഴിയുന്നില്ല പിന്നെ അത് ഇന്നതല്ല ഇന്നതല്ല എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കാനേ കഴിയും എന്തുകൊണ്ടതിന് കഴിയുന്നില്ല കാരണം വാക്കിനതിന് വെളിപ്പെടുത്താൻ കഴിയുന്നില്ല വാക്കിന് അത് വിഷയമല്ല അത് പരിച്ഛിന്നമായതല്ല പരിച്ഛിന്നമായ വസ്തുക്കളെ മാത്രമേ വാക്കിന് വെളിപ്പെടുത്താൻ പറ്റൂ അപരിച്ഛിന്നമായിരിക്കുന്ന ആഗ്രഹത്വത്തെ ശബ്ദത്തിന് വെളിപ്പെടുത്താൻ കഴിയത്തില്ല അതുകൊണ്ടാണ് ഒരുതരത്തിൽ പറഞ്ഞാൽ നിഷേധാത്മകമായി അതിനെ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ധർമ്മത്തിനപ്പുറമാണത് അധർമ്മത്തിനപ്പുറമാണ് എന്നിങ്ങനെ മനുഷ്യന്റെ ചിന്തയ്ക്ക് പരമാവധി വിഷയമാകുന്നത് ധർമ്മവും അധർമ്മവുമാണ് ധർമ്മധർമ്മങ്ങൾക്ക് അപ്പുറമുള്ളത് മനുഷ്യ ചിന്തയ്ക്ക് വിഷയമാകുന്നില്ല അതുകൊണ്ട് അതിന് അങ്ങനെ തന്നെ ധർമ്മത്തിനും അധർമ്മത്തിനും അപ്പുറമുള്ളതാണ് കൃതങ്ങൾക്കപ്പുറമുള്ളതാണ് സൃഷ്ടിക്കപ്പെട്ടത് അനാദിയായി നിലനിൽക്കുന്നത് സർവത്തിനും അപ്പുറം നിൽക്കുന്നതാണ് അത് ഭൂതഭാവികൾക്ക് അപ്പുറമാണ് ഈ തരത്തിൽ ആത്മാവിനെ ഉപദേശിക്കുകയാണ് പതിനഞ്ചാമത്തെ മന്ത്രത്തിൽ ആത്മാവിനെ മിഠപ്പെടുത്തുകയാണ് സർവേ വേദമാനന്തി എല്ലാ വേദങ്ങളും ഏതൊരു പരമതത്വത്തെ ആണോ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് വെളിപ്പെടുത്തുന്നു പറയാൻ വയ്യഛന്തോ ബ്രഹ്മചര്യം ചുരന്തി ബ്രഹ്മചര്യ അതികഠിനമായ ബ്രഹ്മചര്യോ വ്രതം ഏതെന്നെ ആഗ്രഹിച്ചുകൊണ്ടാണോ ഒരാൾ അനുഷ്ഠിക്കുന്നത് തത്വ പദം സംഗ്രഹീണം പ്രവീണ് ഇതിന് ഞാൻ വളരെ ചുരുക്കി നിനക്ക് പറഞ്ഞുതരാം അത് ഈശ്വരത്തെ ഏറ്റവും കുറഞ്ഞ ശബ്ദം കൊണ്ട് പറയാൻ ഉപയോഗിക്കുന്നതാണ് ശബ്ദം കൊണ്ട് ഓം എന്നുള്ള ശബ്ദത്തിന്റെ വ്യാഖ്യാനമാണ് തത്വമസി എന്ന് ശ്രുതി പറയുന്നു ഓമിന്റെ വിശദീകരണമാണ് തത്വമസി ഇത് തന്നെയാണ് മഹാവാക്യം ഏകാക്ഷര മഹാവാക്യം എന്ന് പറയും ഏകാക്ഷം എന്ന് പറയുന്നു അതായത് മഹാവാക്യം എന്ന് നമ്മൾ തത്തുമസി എന്ന് പറയുന്നത് തന്നെ ഇതിനകത്തോളം ഇതിനകത്തോണ്ട് മൂന്നാക്ഷരങ്ങൾ രണ്ട് സ്വരങ്ങളും ഒരു വ്യഞ്ജനാക്ഷരം ആ ഓ എന്ന് പറയുന്നു അക്ഷരാണാം അകാരം ഈശ്വരവാചകാണ് അതാണ് തത്പഥം കൊണ്ട് പറയുന്നത് ആ അത് ഓങ്കാരത്തിലെ ആദ്യത്തെ അക്ഷരമാണ് ജീവൻ എന്ന് പറയുന്നത് ദ്വിതീയൻ ആണ് ജീവൻ ജഗത് അപ്പൊ ജീവന് ഇവിടെ രണ്ടാം സ്ഥാനമാണ് രണ്ടാമതായി വരുന്നത് ഓ അത് ജീവവാചക പരമാസിക്യത്തെ ബോധിപ്പിക്കുന്നു കേവലമായ വ്യഞ്ജനം ഐക്യത്തെ ബോധിപ്പിക്കുന്നു തസി ആ തന്നെ വ്യാഖ്യാനിക്കും പരമതത്വത്തെ വെളിപ്പെടുത്തുന്നതാണ് ഓം അതായത് ഓം എന്ന് കേൾക്കുമ്പോ മാഡുക്യത്തിന്റെ ഭാഷയത്തില് വ്യാഖ്യാനത്തിൽ ഒരിടത്ത് പറയും ശ്രദ്ധാതുവായ മന്ത്രം ശ്രവിക്കുന്ന മാത്രേ തന്നെ അയാളുടെ ഉള്ളിൽ ആത്മതത്വം സ്ഫുരിക്കും ആത്മതത്വ സ്ഫുരണം ഉണ്ടാകുന്നതാണ് നമ്മൾ കേട്ട് സ്ഫുരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധ കുറവാണ് എന്ന് ധരിച്ചാണ് അങ്ങനെ സ്ഫുരിപ്പിക്കുന്നതിന് അതിന് കഴിയില്ല എന്ന് ധരിക്കേണ്ട ശരിയായ ശ്രദ്ധ ഉള്ളവനങ്ങനെ സ്ഫുരിക്കുന്നത് മഹാവാക്യ അർത്ഥത്തെ തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സംഗ്രഹേണ ചുരു ബ്രഭീമി എന്ന് പറഞ്ഞു സംഗ്രഹം എന്ന് പറയുമ്പോ തത്ത് അസി എന്ന് പറയുമ്പോ കുറച്ചുകൂടെ വിശദീകരിച്ച പറയുന്നു കുറച്ചുകൂടെ വ്യക്തമാക്കി പറയും അതിനൊന്നുകൂടെ സംഗ്രഹിക്കുമ്പോ ഓം എന്ന് സംഗ്രഹിച്ചു ഇനി വരുന്ന ഭാഗങ്ങളിൽ ഒന്ന് പറയും അങ്ങനെയാ മഹാവാക്യോപദേശം അത് സംഗ്രഹിച്ചിവിടെ കൊടുക്കുകയാണ് എന്നാലും അന്തൊക്കെ ഉള്ള ദോഷങ്ങളുമുണ്ട് അവിദ്യാസ്മിതാരാഗദ്വേഷ ദോഷങ്ങൾ പലതരത്തിലുള്ള ദോഷങ്ങളിലിരിക്കുന്നതുകൊണ്ട് ഇനി ഇതിന്റെ ഒരു സ്ഫരണം ഉണ്ടായാൽ അത് വിസ്മരിച്ചു അല്ലെങ്കിൽ അത് അത്രയ്ക്ക് ദോഷങ്ങൾ അനാദി ജന്മങ്ങളുടെ വാസന അതിനുള്ളിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കേണ്ടി വരും വീണ്ടും വിശദീകരിക്കേണ്ടി വരും ഇതെല്ലാം ശാസ്ത്രങ്ങൾ ഉപദേശിക്കുന്നത് ഇപ്പോ ഭഗവാൻ അർജുനന് ഉപദേശിച്ചായാലും ഹേമദേവൻ നജികേശന് ഉപദേശിച്ചാലും ലോകത്തിന് വേണ്ടി ഉപദേശിക്കുന്നു ലോകർക്ക് വേണ്ടി ഉപദേശിക്കുന്നു ഏതെങ്കിലും ഒരു ഉത്തമനായ ശിഷ്യനെ നിമിത്തമാക്കിക്കൊണ്ട് അർജുനനെ നിമിത്തമാക്കി അല്ലെങ്കിൽ നജികേസിനെ നിമിത്തമാക്കിക്കൊണ്ട് ഉപദേശിക്കുന്നു അപ്പൊ അത് ഉപദേശിക്കുന്നത് വിഭിന്ന അധികാരികളുടെ ഉദ്ദേശിച്ചാണ് ഓരോ ജീവനും ഓരോ അധികാരി പരിചയപ്പെടുന്നവരാണ് അപ്പൊ ഈ അനന്ത ജീവന്മാർക്ക് വേണ്ടി ഉപദേശിക്കും അവ ഉപദേശങ്ങളും ഏകമാണെങ്കിലും അനന്തമായി ഗ്രഹിക്കപ്പെടേണ്ട ഉപദേശങ്ങളാണ് ശ്രോതാക്കളുടെ വ്യത്യാസമനുസരിച്ച് ഉപദേശങ്ങളും വ്യത്യാസപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പൊ കേൾക്കുന്നവനുസരിച്ച് ഗ്രഹിക്കത്തക്ക രീതിയിൽ ഉപദേശം വളരെ വിപുലമാണ് വളരെ വൈവിധ്യം ഉള്ളതാണ് അതുകൊണ്ടാണ് ഇതിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉപദേശിക്കുന്നത് നമുക്ക് തോന്നും നജികേസന് ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ നജീതേശന് എന്താ ബോധം ഉണ്ടായില്ല നജികേസൻ നമ്മളെ പോലെയാണ് അങ്ങനെയല്ല ബാക്കി പറയുന്നതൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് നജീയസിന് കാര്യമോ എന്ന് പറഞ്ഞാൽ തന്നെ പിടികിട്ടും പക്ഷെ എല്ലാവർക്കും അത് പിടികിട്ടത്തില്ല കാരണം നജീസ്സിന് ഉത്തമനായ യമദേവൻ എന്നെ തന്നെ കിട്ടി അന്നരയിണ അവരെയാണ് മനുഷ്യനല്ല ഉപദേശം പിന്നെ നജീസിനുള്ള യോഗ്യതയുണ്ട് ഗുരുവിന് മാത്രം പോലെ യോഗ്യത ശിഷ്യനും വേണം അപ്പോ യോഗ്യനായ ശിഷ്യനും യോഗ്യനായ ഗുരുവും രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നു അപ്പൊ നജീതസിനെ സംബന്ധിച്ചിടത്തോളം ഓമെന്ന് മതി പക്ഷെ നജീദേശം തീരുന്നില്ല ഉപദേശം ഈ ജീവന്മാർക്കും വേണ്ടിയാണ് ഉപദേശം മറ്റുള്ളവർക്ക് വേണ്ടി ഇനി അതിനെ വിശദീകരിക്കേത് ശാസ്ത്രത്തിലദേശങ്ങളെ അങ്ങനെ ഗ്രഹിക്കണമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഗീത തന്നെ വായിക്കുമ്പോൾ നമുക്ക് സംശയമുണ്ടാവും അർജുനൻ ചോദിക്കുന്ന ചോദ്യത്തിന് പല ഭാഗങ്ങളും നമുക്കൊന്നും മറുപടി പറയുന്നില്ല പല ഭാഗങ്ങളും നമുക്കൊന്നും ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു പലതരത്തിലുള്ള സമ്പ്രദായങ്ങളെ കുറിച്ച് ഉപാസനങ്ങളെ ഭക്തിയെക്കുറിച്ച് യോഗത്തെക്കുറിച്ച് കർമ്മത്തെക്കുറിച്ച് ജ്ഞാനത്തെക്കുറിച്ച് എന്നുവേണ്ട വിശ്വരൂപ ദർശനം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഗീതയ്ക്കകത്ത് പ്രതിപാദിക്കുന്നു ഇതെല്ലാം ഒരു അർജുനന് വേണ്ടിയാണോ ഒരു അർജുനന് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഒരിക്കലുമല്ല ഭാഷകാരൻ തന്നെ പറയും അർജുനൻ നിമിത്തീകൃത് അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് വിഭിന്ന ജീവന്മാർക്ക് വേണ്ടിയിട്ട് അനന്ത ജീവന്മാർക്ക് വേണ്ടിയിട്ട് ഇതിനെ ഉപദേശിക്കുകയാണ് അർജുനന് നിമിത്തമാകും ഇതെല്ലാം അർജുനന് ആവശ്യം നജീയസിന് ഇതെല്ലാം ആവശ്യമില്ല പക്ഷെ ലോകർക്ക് ഇതെല്ലാം ആവശ്യമാണ് അവർക്ക് വേണ്ടിയിട്ട് ഇതിനെ വിശദീകരിക്കുകയാണ് അടുത്ത് പതിനാറാമത്തെ മന്ത്രം പറഞ്ഞു ഈ പറഞ്ഞ ഉപദേശത്തെ തന്നെ പലതരത്തിൽ വിശദീകരിക്കുകയാണ് ഒരാൾക്കിതെല്ലാം ആവശ്യമില്ല വേറെ തരത്തിൽ പറഞ്ഞാൽ ഒരാൾക്ക് ഇതിൽ നിന്ന് ഗ്രഹിക്കാൻ പറ്റിയതേ എല്ലാ ഉപദേശങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ പതിയുന്നത് ചുരുക്കം കാര്യങ്ങളായിരിക്കും ഒരേ കാര്യം തന്നെ ആവർത്തി കേട്ടെന്നിരിക്കട്ടെ ചിലപ്പോ ആ നൂറാമത്തെ ആവർത്തിയിലായിരിക്കും നമ്മുടെ ഉള്ളിൽ പതിയുന്നു അപ്പൊ ഒരേ ഉപദേശം തന്നെ കാലഭേദമനുസരിച്ചും ദേശഭേദമനുസരിച്ചും ഒക്കെയാണ് ഫലവത്തായി തീരുന്നത് ശിഷ്യനതിനെ ഗ്രഹിക്കാൻ കഴിയും പത്തു വർഷം മുമ്പ് വായിച്ചാൽ പുസ്സം കൊടുത്ത് വായിച്ചു കഴിഞ്ഞാൽ അന്ന് തോന്നുന്ന അർത്ഥബോധമല്ല ഇന്നുണ്ടാകും അപ്പൊ അതുകൊണ്ട് ഉപദേശങ്ങളും സഫലമാകുന്നത് കാലദേശ ഭേദമനുസരിച്ചാണ് അതുകൊണ്ട് ഇവിടെ പറയുന്ന ഉപദേശങ്ങളും എല്ലാം നമ്മൾ കേട്ടുപോകുന്നത് പോലെ നമ്മളെ മനസ്സിൽ പറയും പക്ഷെ ചിലതിനെ ശക്തമായി പറയും ചില സമയത്ത് അതുകൊണ്ട് ഗുരുപ്രാപ്തി കൊണ്ട് മാത്രം ആയില്ല ശിഷ്യന്റെ യോഗ്യതയും ഭാഗമായി വരണം എന്നാൽ വിദ്യ ഫലവത്താവസ്ഥ ഗുരുപ്രാപ്തി കൊണ്ട് അത് ശിഷ്യന്റെ യോഗ്യത ഭാഗമാകുന്നതിന് സഹായിക്കും തീർച്ചയായും പക്ഷെ അത് വിദ്യഫലപ്രാപ്തിയിലെത്തണമെങ്കിൽ ശിഷ്യന്റെ യോഗ്യത വളരെ മുഖ്യമായൊരു കാര്യമാണ് അങ്ങനെ യോഗ്യതയിലെത്തുന്നതിന് സഹായിക്കുന്നതാണ് വരുന്നത് ബാക്കി ഇതിന്റെ വിശദീകരണ രൂപത്തിൽ വരുന്ന ഉപദേശങ്ങളെല്ലാം അങ്ങനെയുള്ള ഉപദേശങ്ങൾ ആണ് തുടർന്ന് വരുന്ന ഭാഗത്തിൽ അതിന്റെ എന്ന് പറയുന്നതിന്റെ വിശദീകരണ രൂപത്തിൽ അതാണ് ആദ്യം പറഞ്ഞാണ് സംഗ്രഹീണ പ്രവീമി ഞാൻ ചുരുക്കി പറയാമോ എന്ന് പറഞ്ഞാണ് അതിന്റെ അർത്ഥം ഇനി വരുന്നതെന്നതിന്റെ വിശദീകരണം ഉണമെന്നാണ് അതിൽ നിന്ന് തന്നെ മനസ്സിലാകും അപ്പൊ ജീവന്റെ വാസനാ വൈദ്യര്യം അനുസരിച്ച് യോഗ്യതയ്ക്കനുസരിച്ച് ഈ ഉപദേശങ്ങളിൽ നിന്നും ധികാരികൾക്കും അവരവരുടെ നിലയ്ക്കനുസരിച്ച് ഓരോന്ന്ഗ്രഹിക്കാം അതിനുവേണ്ടിയിട്ട് ഇനി വരുന്ന മുഴുവൻ ഭാഗങ്ങളിലും ആധ്യാത്മിക സാധനങ്ങളുടെ പല കുറിച്ച് പറയുകയാണ് ഇതിന് ചില ഭാഗങ്ങൾ തന്നെയാണ് ശ്രീമദ്ഭഗവത്ഗീതയില് ഭഗവാൻ ഉപദേശിക്കുന്നത് പതിനെട്ടാമത്തെ മന്ത്രം മറ്റെ ജായദേവ ആത്മതത്വത്തെ വെളിപ്പെടുത്തുകയാണ് ാക്കിനും മനസ്സിനും അത് വെളിപ്പെടുത്താൻ വെളിപ്പെടാനും കഴിയാത്തതുകൊണ്ട് അതിനെ നിഷേധാത്മകമായി വെളിപ്പെടുത്തുന്നു അത് ജനിക്കാത്തതും മരിക്കാത്ത ആണ് ജനന മരണങ്ങൾക്ക് അപ്പുറമുള്ളതാണ് അണു രണീയാൻ മഹതവും മഹീയാൻ അണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു തരത്തിൽ ഗ്രഹിക്കും ഏറ്റവും സൂക്ഷ്മമാണെന്ന് ഗ്രഹിക്കും അങ്ങനെ ഗ്രഹിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞു അത് മഹത്താണ് ാണ് ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്നതും ഏറ്റവും ബൃഹത്വായിരിക്കുന്നതും ആത്മതത്വം തന്നെ അങ്ങനെ പറയുമ്പോ ഏറ്റവും മഹത്വം ഏറ്റവും ബൃഹത്വമായത് അതിന് മനസ്സൊരു വിഷയമായി ഗ്രഹിക്കും അന്യമായി ഗ്രഹിക്കും നമ്മളെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട മറ്റൊരു വസ്തുവായി ഗ്രഹിക്കും ആ ധാരണ ഉണ്ടാകാതിരിക്കാൻ പറയുന്നത് നിഷിതോ ഉഹായം അത് ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയാണ് അന്യമായൊരു വസ്തുവല്ല ജന്തോഹോ ജീവന്റെ ജിജ്ഞാസുവായിരിക്കുന്ന ജീവന്റെ ആരാണോ ഇതിനെ അന്വേഷിക്കുന്നത് അവന്റെ തന്നെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയാണ് എന്ന് പറയും ഈ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയം എന്ന് പറയുന്നത് എന്താ ഒരു ബാഗ് പോലെയാണ് ആത്മാവിനെ അതിന്റെ അകത്ത് സൂക്ഷിക്കാനല്ല ഹൃദയത്തെ സ്ഥിതി സ്ഥിതി ചെയ്യാന്ന് പറഞ്ഞാൽ തന്റെ സ്വരൂപമായി അത് സ്ഥിതി ചെയ്യുന്നു എന്നർത്ഥം തന്നെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് താൻ തന്റെ നെഞ്ചി കൈവയ്ക്കുന്നത് ഹൃദയത്തിന്റെ സ്ഥാനം അവിടെ എന്നാ പറയുന്നത് എന്നുവെച്ചാൽ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് താൻ തന്നെയായിരിക്കുന്നതാണത് അന്യമല്ല നേരത്തെ പറഞ്ഞുള്ള അനന്യപ്രോക്തി അനന്യമായി അതിനെ മനസ്സിലാക്കാൻ വേണ്ടി പറയുക ഒരിക്കലും അതിനെ അന്യമായി ചിന്തിക്കുന്നത് പരമാത്മ തത്വത്തെ ഒരിക്കലും അതിന് പൃഥക് കൽപ്പന വരകൾ പൃഥക്ഭാവം വരുക അതുകൊണ്ട് പറയുന്ന എന്താണ് നിഹിതു സ്വരൂപമായി തന്നെ ഇരിക്കുന്നു അംഗീ തന്നെ ആയിരിക്കുന്നു തമക്രതുപ്പശ്ചരി വീരശോകു അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത് ധാതുപ്രസാദ മന ആദീ കരണാനി ധാതവ അതായത് രണ്ടു തരത്തിൽ ഇതിനെ വിശദീകരിക്കുന്നു നമ്മുടെ അന്ധകരണത്തിന്റെ പരമമായ ശുദ്ധി ഈ തത്വം പ്രകാശിക്കുന്നു അല്ലെങ്കിൽ ഇതിന്റെ ഇതിനുള്ളിൽ പ്രകാശിക്കുന്നു അങ്ങനെയാണ് സാമ്പ്രദായകമായിട്ട് വയ്ക്കാനി രണ്ടു തരത്തിൽ രണ്ട് ശരിയാണ് മനസ്സിന്റെ പരമമായ സുഖി ഐശ്വര ബോധമുള്ളിൽ എന്ന് പറയാം അല്ലെങ്കിൽ മനസ്സ് അന്യമായിരിക്കുന്ന സർവത്മാന്യമായിരിക്കുന്ന ആത്മാവിന് അന്യമായിരിക്കുന്ന സർവത്തിന്റെയും മായ നാശം ഭുരുദേശവാൻ പറഞ്ഞ അപൂർണമായ നാശം അപൂർണമായ നാശത്ത് ഈ ആത്മബോധം ഉള്ളിൽ സ്ഫുരിക്കുന്നു ധതുപ്രസാദം രണ്ടു തരത്തിലും വേഖ്യ അങ്ങനെ ആത്മാവിന്റെ മഹിമാനം ആത്മാവിന്റെ യാഥാത്മ്യം അത് സാധകന് ആത്മാവ് തന്നെ വെളിപ്പെടുത്തുന്നു അതാണ് എന്റെ ചരമമായ അവസ്ഥ അങ്ങനെ അവൻ വീതശോകനായിത്തീരുന്നു ഹർഷശോകങ്ങളിൽ നിന്നെല്ലാം മുക്തനായിത്തീരുന്നു അതാണ് ഈ അന്വേഷണത്തിന്റെ പരമമായ ഫലം എന്ന് ഇരുപതാമത്തെ മന്ത്രത്തിൽ ഇവിടെ ഇതിനെ ആരാണ് ഇതിനെ ശരിക്കറിയുന്നത് ആത്മതത്വത്തെ ഈശ്വരൻ ശരിക്കറിയുന്നത് ഉത്തമനായ ഗുരുത്തമനായ ഗുരുവിന് ഗുരു മാത്രമേ ഞാൻ അറിയുന്നു ശിഷ്യൻ കേമന ജിജ്ഞാസയാകുന്നു അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് അങ്ങനെ ഗുരു ഇതിനെ അറിഞ്ഞ് ശോകമോഹങ്ങളിൽ നിന്നും മുക്തനായി ശിഷ്യനെ ആ വഴിക്ക് നയിക്കുന്നു എന്നാണ് ഇരുപത്തിരണ്ടാമത്തെ മന്ത്രത്തിൽ പറയുന്നതിന്റെ താല്പര്യം ഇരുപത്തിമൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് എന്താണ് സാക്ഷാത്കാരം അതെങ്ങനെ ഉണ്ടാകുന്നു കാരണം നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ് എല്ലാ സാധകന്മാർക്കും സുനിശ്ചിതമായൊരു കാര്യമാണ് എല്ലാവർക്കും കാരണം എല്ലാവർക്കും അവരവരെ കുറിച്ച് സാമാന്യം ഒരു മതിപ്പ് എല്ലാവർക്കും ഉണ്ടായിരിക്കും ഭേദപ്പെട്ടവനാണ് എന്ന് കരുതാത്ത ആരും കാണില്ല കാരണം ഞാൻ ഇന്ന ഇന്ന തപസ്സുകളൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ട് ഇത്തര മന്ത്രങ്ങൾ ജപിച്ചിട്ടുണ്ട് എന്റെ ഇന്ന അനുഷ്ഠിച്ചിട്ടുണ്ട് എന്റെ ഇന്ന അഭ്യസിച്ചിട്ടുണ്ട് ഗുരുക്കന്മാരെ ഈ തരത്തിൽ പലതരത്തിലുള്ള ഒരു ഉൾബോധം എല്ലാവരുടെ ഉള്ളിൽ കാണും അപ്പൊ ഇതൊരു ലേശം ഒരഭിമാനത്തെ ഒരു സൂക്ഷ്മമായ അഭിമാനത്തെ ഉള്ളിൽ സൂക്ഷിക്കുമെന്ന് തന്നെ കുറിച്ചുള്ള അല്ലെങ്കിൽ തന്റെ സാധനങ്ങളെ കുറിച്ചുള്ള ഒരു മതിപ്പ് എന്തായാലും പറയാറില്ലേ അന്നത്തെ കാലത്തൊക്കെ എന്ത് തപസ ചെയ്ത് എന്ത് കഷ്ടപ്പാട് സഹിച്ചെന്നൊക്കെ പറയാറ് അഹംബോധം ഒരു ആത്മമാനിത്വം ഇത് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാക്കും ഇത് ആത്മബോധത്തിന് പരമമായ ആത്മബോധത്തിന് തടസ്സമായി നീക്കും എന്തുകൊണ്ട് ഇത്തരം എല്ലാ തരത്തിലുള്ള കൽപ്പനകളുടെയും ആത്മനിഷ്ഠമായിരിക്കുന്ന സർവ്വകല്പനകളുടെയും ഉപശമനത്തിൽ എന്നാണ് ഇരുപത്തിമൂന്നാമത്തെ മന്ത്രത്തിൽ പറയുന്നത് ഈശ്വരൻ തന്റെ ആ സ്വരൂപത്തെ അവന് കൊടുക്കുന്നു ഭൂതത്തിന്റെ ഭൂതകാലത്തിന്റെ പൂർണമായ നാശം വിസ്മൃതി എന്ന് പറഞ്ഞാൽ പോരെ വിസ്മൃതിയാണെങ്കിൽ വീണ്ടും സ്മരണം വരും നമ്മൾ വിസ്മരിക്കുന്ന ഏതും വീണ്ടും സ്മരിക്കാനുള്ള ഒരു സാധ്യത അവിടെ ഇവിടെ വിസ്മരണമല്ല അതിന്റെ എല്ലാം പൂർണമായ നാശം ഭസ്മസാത്കുരുതി എന്നതുകൊണ്ടാണ് ഭഗവാൻ അത് ഭസ്മമാണ് തന്റെ നേരത്തെ ധർമ്മത്തിനും അധർമ്മത്തിനും അപ്പുറമാണ് എല്ലാ നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും എല്ലാം അപ്പുറമാണ് ആർജിച്ചതൊന്നും ഇതല്ല എന്നർത്ഥം സ്വപരിശ്രമത്തിലൂടെ നേടിയെടുക്കുന്ന ഒന്നും ഇതല്ല നേടിയെടുക്കുന്നതൊക്കെ സഹായിക്കുന്ന ചില ഉപായങ്ങൾ മാത്രം ആ നേട്ടത്തിൽ അതിനുള്ള അഭിമാനം പോലും ഇതിന് അത് സ്വയം വെളിപ്പെടുത്തുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ ഉപദേശങ്ങളുടെയും പരമായ സാരം ഇത് തന്നെ കാരണം മനുഷ്യന്റെ ഒരു സാധകന്റെ മനുഷ്യന്റെ കാര്യം പോട്ടെ ഏറ്റവും വലിയ ശത്രുവായി അവസാനം വരെ അവനോടൊപ്പം നിൽക്കുന്നത് അവന്റെ തന്നെയാണ് ഏതെങ്കിലും തരത്ത് ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്ത് തിന്മകളുടെ രൂപത്തിൽ അതാദ്യം നിൽക്കും പിന്നീട് അത് നന്മകളുടെ രൂപത്തിൽ വരും ഏതെങ്കിലും തരത്തിൽ അഹന്ത എന്ന് പറയുന്നത് ആത്മാവിനെ ആവരണം ചെയ്ത് നിൽക്കും അവസാനം വരെ അവന്റെ സാധനയുടെ അവസാന ഘട്ടം വരെ നിൽക്കും അതുകൂടി നശിക്കും അതും ഭസ്മമാകണം അപ്പോൾ ഈശ്വരൻ എന്തെയ്യുന്നു സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് ഏറ്റവും വലിയ ശത്രുവായ അഹന്ത ഈ ആത്മീയ ഭാവത്തിൽ തന്നെ അവസാന ശത്രുവായി വരും ഭൂതകാലത്തിന്റെ നാശം ഭൂതകാലത്തിന്റെ വിസ്മൃതിയല്ല ആ പരമമായ നാശത്തിൽ തനും സ്വാം ആത്മാവിവണത്തെ എന്നാണ് ആ ഈശ്വര സ്വരൂപം വെളിപ്പെടുന്നു എന്നാണ് എന്നാണ് ഇവിടെ യമദേവൻ പറയുന്നത് അതുകൊണ്ട് എല്ലാ ശ്രമങ്ങളും അവസാനിക്കുന്നിടത്താണ് എല്ലാ സാധനങ്ങളും അവസാനിക്കുന്നിടത്താണ് ഫലം ഉണ്ടാകുന്നത് എന്ന് ആചാര്യന്മാരെ നമ്മൾ ഉപദേശിക്കുന്നത് ഈ മന്ത്രത്തിന്റെ താല്പര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ ശ്രദ്ധ അത് പടിപ്പടിയായി ശ്രദ്ധ പരിണമിച്ച് ഈ അവസാന ഘട്ടത്തിൽ വരെ ആ ശ്രദ്ധ നിലനിൽക്കണം ഒരു സമയത്തും അവന് വ്യതിചനം ഉണ്ടാകാൻ പാടില്ല ഏത് സമയവും അവന് മാർഗ ഭ്രംശം സംഭവിക്കാം അവസാന നിമിഷം വരെ ഏത് നിമിഷം കാരണം ഈശ്വരന്റെ ശക്തി അത്ര വലുതാണ് മായാശക്തി ആ പരമപദത്തിന് തൊട്ടു മുമ്പ് വരെ വഴി തിരിച്ചടേ അതാണ് ഇത്രയും പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പറയുന്നത് എനിക്ക് സ്വാഭാവികമായിട്ട് ആർക്കും ചിന്തിക്കാം എനിക്ക് ഇത്ര വർഷത്തെ ആധ്യാത്മിക ജീവിതത്തിലെ സർവീസ് ഇനിയൊന്നും പേടിക്കാനില്ല എന്നൊന്നും ആർക്കും കരുതാൻ ഒരിക്കലും നിർത്തിയില്ല ഇത് വലിയ ആള് ചെറിയ ആളൊന്നുമില്ല സീനിയോറിറ്റി പ്രശ്നമേ അല്ല സീനിയാറിറ്റിക്ക് ആശ്രമത്തിൽ ഗുണപ്പെടും ആത്മീയ ജീവിതത്തിൽ ഒന്നും ഗുണപ്പെടുത്തില്ല കാരണം അവിടെ ഏത് നിമിഷവും ഒരുവൻ അഹപ്പത്തിക്കെത്തുന്നതിന് തൊട്ട് മുമ്പിൽ അങ്ങനെ അധപതിക്കുമ്പോ മനുഷ്യനൊരു സ്വഭാവം എന്തെങ്കിലും വാസന പ്രേരിതമായി എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞാലും മഹത്വമായിട്ട് പരിഗണിച്ചു കളയും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ഇതൊക്കെ തന്റെ മഹത്വത്തിന്റെ ഭാഗമാണെന്നൊരു കഥാപം തുടക്കക്കാർക്ക് ഒക്കെ ശ്രദ്ധിക്കണം ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് അങ്ങനെയല്ല ഇതിന് തുടക്കം കൊടുക്കുകയെന്നില്ല വീഴ്ച പറ്റിയാലും ആർക്കായാലും അത് വീഴ്ച ഏതവസ്ഥയിലായാലും ഒരാൾ കുഴിയിലേക്ക് വീണ് കഴിഞ്ഞാല് പിന്നെ എന്തായാലും ആ കുഴിയിൽ നിന്ന് കയറി വന്നേ സമനിരപ്പിലെത്തുള്ളൂ പ്രത്യേകത ഇത്രേയുള്ളൂ ഒരു എണീടെ ഒന്നാമത്തെ പടിയിൽ നിന്ന് വീണു കഴിഞ്ഞാൽ മുറിവ് അധികം പറ്റത്തില്ല പടിയിൽ നിന്ന് വീഴുകയാണെങ്കിൽ മുറിവ് അതാണ് വ്യത്യാസം അതുകൊണ്ട് മുന്നോട്ട് പോയി വീഴുന്നതാണ് കൂടുതൽ അപകടകരം അതുകൊണ്ട് ഇത്രയൊക്കെ ഉപദേശിച്ച് ആ സാക്ഷാത്കാരത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയതിനു ശേഷം പിന്നെയും അദ്ദേഹം പറയുകയാണ് വീണ്ടും എന്തിനാണ് പറയുന്നത് എന്നൊക്കെ തോന്നുന്നു ുചരിത ദുശ്ചരിതത്തിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ അതിൽ പെട്ടുപോയാൽ അതിൽ നിന്ന് പിന്മാറാതിരുന്നാൽ അവന് രക്ഷയില്ല അതിനു പിന്നെ മഹത്വമായി കാണരുത് അവര് വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ആത്മീയ വൈശിഷ്ട്യമാണ് എന്നൊന്നും പിന്നെ ന്യായീകരിക്കാൻ ആരും ശ്രമിക്കേണ്ട അതുകൊണ്ടൊന്നും രക്ഷയില്ല ഈശ്വരന്റെ മുമ്പിൽ ആർക്കും ഒന്നും ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല മിഥ്യാചാരെ ശക്തമായ ഭാഷയിൽ ഭഗവാൻ തന്നെ പറയുന്നത് തന്റെ അടുത്തിരിക്കുന്നവനെ ഒളിച്ചിട്ട് നോക്കുന്നെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ തന്റെ മനസാക്ഷിയെ ഒളിച്ചിട്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് തന്നെയാണ് ഈശ്വരൻ പറയുന്നു അതുകൊണ്ട് ഇതിനെല്ലാം അവിടെ പറയത്തില്ല ചിത്രഗുപ്തം കണക്കെഴുതി വയ്ക്കുന്നുണ്ട് മനസ്സാക്ഷിയിൽ തന്നെ റെക്കാർഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ യമദൈവം പറയാണ് ഏതെങ്കിലും തരത്തിൽ ദുരാചാരം ഒരുവന് സംഭവിച്ചു കഴിഞ്ഞാൽ അവന് ഈശ്വരബോധം ഉണ്ടാകത്തില്ല എന്നാണ് ധർമ്മവും നീതിയും എല്ലാം ആചാര്യന്മാർ നിശ്ചയിച്ചിട്ടുള്ളതാണ് ശാസ്ത്രങ്ങൾ നിർണ്ണയിച്ചിട്ടുണ്ടാവണം നമ്മൾ പുതിയ ധർമ്മവും നീതി ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പൊ അതിനെ പിന്തുടർന്ന് തന്നെ പോകണം ഒരു സാധകനെ സംബന്ധിച്ചിട്ട് പോകണം അതിനെ പിന്തുടർന്ന് തന്നെ പോകണം ഏതെങ്കിലും വശത്തിൽ ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ അത് അങ്ങനെയൊക്കെ ആകാം കുഴപ്പമില്ല ഇപ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല പത്മപത്രം വിവാം ബസ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഗീതിയിൽ വെള്ളത്തിൽ കിടക്കുന്ന താമരയാണ് അതിന് വെള്ളം പറ്റത്തില്ല അതുപോലെയാണ് എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല എന്നൊരിക്കലും ഒരു സാധ്യത അങ്ങനെ ഒരിക്കലും പാടില്ല വീണ് കഴിഞ്ഞാൽ അത് വീണ് തന്നെയാണ് മുറിവ് പറ്റും പിന്നെ കയറി വരാൻ താമസം ഉണ്ടാവും മുന്നോട്ട് പോകാൻ താമസിക്കും അതുകൊണ്ട് ഇത്രയെല്ലാം പറഞ്ഞതിനു ശേഷം വീണ്ടും പറയുന്നു വീഴാതിരിക്കാൻ സൂക്ഷിക്കുക വീണ് പോയാലോ കാരണം പറഞ്ഞല്ലോ ഈ വാസനകൾ വളരെ പ്രബലമാണ് അത് ഏതു സമയം വീഴ്ത്തി കളയും ഏതു സമയവും ഒരുവനെ അത് പതിപ്പിക്കും വീണുകഴിഞ്ഞാൽ പിന്നെ കരകയറാൻ ശ്രമിക്കാതെ വേറെ വഴിയൊന്നുമില്ല വീഴ്ചയിൽ നിന്ന് കരകയറി വീഴാതെ മുന്നോട്ട് പോകാൻ ഒരാൾ ശ്രമിക്കുക അത്രയുള്ളൂ വീഴാതിരിക്കാൻ സൂക്ഷിക്കുക ഏതു സമയവും വീഴാൻ ഉള്ള സാധ്യതയുണ്ട് എന്നുള്ള ബോധം ജാഗ്രത എന്ന് ശ്രുതി പറയുന്നത് അതിനെയാണ് ആ ബോധം നിലനിർത്തി ഒരാൾ മുന്നോട്ട് പോവുക വീഴാതിരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് ഈ ഉപദേശത്തിന്റെ സാരം അങ്ങനെ വീണുകഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത് അസമാഹിത അശാന്ത മാനസ എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഒരു വീഴ്ച തന്റെ കയ്യിൽ നിന്ന് പറ്റിക്കഴിഞ്ഞാൽ ആ നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വെളിപ്പെടുത്താതെ ഇരിക്കാം പക്ഷെ തന്റെ ഉള് അശാന്തമായിക്കും അത് മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ് ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ പുറമെ ഒന്നും സംഭവിച്ചില്ല എന്ന് ഭാവിക്കാൻ കഴിഞ്ഞാൽ ഉള്ളിൽ അത് ഭാവിക്കാൻ പറ്റത്തില്ല ഉള്ളിൽ കുറ്റബോധം ഉണ്ടാവും ആ കുറ്റബോധം അവന് അസ്വസ്ഥനാകും അതാണ് ഇവിടെ പറയുന്നത് അശാന്ത മനസ്സനെന്ന് പറയുന്നു വീഴ്ചയുടെ ഫലം അതാണ് അശാന്തനായി തന്നെ ഇരിക്കും ഒരാളെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിന്റെ സ്മരണ എളുപ്പം അയാളെ വിട്ടുപോകത്തില്ല അയാളെ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും പിന്നെ അതിൽ നിന്ന് കരകയറി വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് തെറ്റുകൾ സംഭവിക്കരുതെന്ന് പറയുന്നു സാമാന്യ മനസാക്ഷിയുള്ളവരാളാണ് തെറ്റ് ചെയ്തിട്ട് കുറ്റബോധമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല അപ്പൊ കുറ്റബോധം എന്ന് പറയുന്നത് അസ്വസ്ഥതയുണ്ടാവും അപ്പോൾ കുറ്റബോധത്തിൽ നിന്ന് അസ്വസ്ഥതകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള ഒരു വഴിയും പ്രായ ചിത്തങ്ങൾ കുറെയൊക്കെ സഹായിക്കും എന്നാലും അതിന്റെ സ്മരണ അയാളെ വേട്ടയാടിക്കൊണ്ടിരിക്കും അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പറയുന്നെന്താണ് അശാന്ത മനസ്സിനാകരുത് ദുരാചാരത്തിനൊരിക്കലും വഴിപ്പെടരുത് പ്രജ്ഞാനേനൈവനം ആത്മീയ അങ്ങനെ വിശുദ്ധമായ ഞാൻ സമ്പാദിക്കുന്നു കളങ്കമാകുന്ന ഒരിക്കലും ഞാനും ദുരാചാരത്തിനൊന്നും ഒരിക്കലും ജ്ഞാനുണ്ടാകത്തില്ല പ്രജ്ഞാനത്തെ സമ്പാദിക്കുക അങ്ങനെ പരമാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞ് ആ പ്രപഞ്ചത്തിലെ എല്ലാ മഹത്വത്തിനും ഉപരിയാണ് ഈശ്വരന്റെ മഹത്വം അതാണ് യേശ്യ ബ്രഹ്മചത്രം ചെന്ന് പ്രപഞ്ചത്തിലെ എല്ലാ ശക്തികൾക്കും പ്രാപഞ്ചികമായ എല്ലാ ശക്തികൾക്കും ഉപരിയാണ് ും കല്പനയ്ക്ക് അധീനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വല്ലി അവസാനിപ്പിക്കുന്നത് ഋജി ഇവിടെ അവസാനിക്കുകയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിക്കാം സമയം കളയരുത് മെനക്കെടുത്തരുത് സമയം കുറവാണ് ഞാൻ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ അതായത് ഈ രണ്ടാം വലി നമ്മള് ഒരിക്കൽ വിശദമായി ചർച്ച ചെയ്തതാണ് ഞാൻ ചുരുക്കി കുറച്ച് ദിവസത്തെ ഒരു ഗ്യാപ്പ് വന്നതുകൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞാണ് അപ്പൊ കേട്ട വഴിക്ക് ഞാൻ എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം സംശയങ്ങളൊന്നുമില്ല ഒരു സംശയം ഇല്ല എന്ന് പറഞ്ഞാൽ സംശയങ്ങളെല്ലാം തീർന്നിരിക്കുന്നു അപ്പൊ സംശയം തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഉപദേശിക്കാൻ പാടില്ലെന്നാണ് ഉപദേശിച്ചു വീണ്ടും മനസ്സിൽ വിക്ഷേപങ്ങളുണ്ടാകും അതുകൊണ്ട് നമുക്ക് തൽക്കാലം സംശയം തീർന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കട്ടെ